ദാവൂദ് അലേഹിസ്സലാം തീർച്ചയായും നാം നിന്നെ ഭൂമിയിൽ ഒരു പ്രതിനിധിയാക്കിയിരിക്കുന്നു അതിനാൽ നീ ജനങ്ങൾക്കിടയിൽ സത്യസന്ധമായി വിധി പറയുക നിന്റെ തന്നിഷ്ടത്തെ പിന്തുടരരുത് അത് അല്ലാഹുസുബഹാനുഹുവ തയാലയുടെ മാർഗ്ഗത്തിൽ നിന്ന് നിന്നെ വഴിതെറ്റിക്കും അല്ലാഹു സുബഹാനുഹുവ തായാലയുടെ മാർഗ്ഗത്തിൽ നിന്ന് വഴിതെറ്റുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ട് വിചാരണാ അവർ മറന്നുപോയതിനാൽ